ം മൂന്ന് ഞാൻ യഹൂദയുടെയും യരുഷലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോഷഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ അവർ എന്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശിക്കു വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞുകുടിക്കുകയും ചെയ്തു സോരും സീതോനും സകല ഫിലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ അല്ല നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നു എങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നുമെടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യരുശിലേമരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്തകറ്റുവാൻ തക്കവണ്ണം നിങ്ങളവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു എന്നാൽ നിങ്ങളവരെ വിറ്റുകളഞ്ഞെടുത്ത് നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളെയും അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശെബായർക്ക് വിറ്റുകളെയും യഹോവാദ് അരുളി ചെയ്തിരിക്കുന്നു ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളീൻ വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ സകല യോദ്ധാക്കളും അടുത്തുവന്ന് പുറപ്പെടട്ടെ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായും അടുപ്പീൻ ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കേണമേ ജാതികൾ ഉണർന്ന് യഹോഷഫാത്ത് താഴ്വരിയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും അരിവാൾ ഇടുവീൻ കൊയ്ത്തിന്ന് വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടുവീൻ ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലുതല്ലോ വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു എരിശിലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ ഹോവയെന്ന് നിങ്ങളറിയും എരുശലേം വിശുദ്ധമായിരിക്കും അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കയുമില്ല അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും കുന്നുകൾ പാൽ ഒഴുക്കും യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തിയും താഴ്വരയെ നനയ്ക്കും യഹൂദദേശത്തു വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിശ്രയും ശൂന്യമായിത്തീരുകയും ഏതോ നിർജ്ജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും യഹൂദയ്ക്കോ സദാകാലത്തേക്കും എരുഷലിമിന് തലമുറ തലമുറയോളവും നിവാസികൾ ഉണ്ടാകും ഞാൻ പോക്കിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും